ദ്രഷ്ടുഹു ദൃഷ്ടയിൽ വിപരിലോ വിദ്യുഹു ദൃഷ്ടയിൽ വിപരിലോ വിദ്യതേ വിനാശിത്വിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഈ ശ്രുതിയിൽ നിന്നും ദ്രഷ്ടാവും ദൃഷ്ടിയും തമ്മിലുള്ള സംബന്ധത്തെ മനസ്സിലാക്കാമെന്നാണ് താർക്കികമാര് പറയുന്നത് സിദ്ധാന്തി പറയുന്നത് ശരിയല്ല ഷഷ്ടി വിഭക്തിയാണ് ദ്രഷ്ട സംബന്ധമാണ് അർത്ഥം പക്ഷേ ഈ സംബന്ധമെന്ന് പറയുന്നത് ആത്മാവിന്റെ ജ്ഞാനം തന്റെ ജ്ഞാനം എന്നുള്ള ലോക അനുഭവം അനുസരിച്ച് പ്രസിദ്ധമായ സംബന്ധമാണ് ഈ സംബന്ധത്തെ ശ്രുതി അനുവാദം ചെയ്തിരിക്കുകയാണ് ഇപ്പൊ ലോകപ്രസിദ്ധമായ ഒരു കാര്യത്തെക്കുറിച്ച് ശ്രുതി പറയുകയാണെങ്കിൽ അത് കേവലം അനുവാദം മാത്രമാണ് എന്നുവെച്ചാൽ ശ്രുതിയുടെ മുഖ്യമായ അർത്ഥം അതല്ല അത് ശ്രുതി പറയുകയല്ല ദ്രഷ്ടാവും ദൃഷ്ടിയും തമ്മിന് സംബന്ധമുണ്ടെന്നല്ല പറയുന്നത് ലോകരങ്ങനെ പറയുന്നു എന്നാണ് എന്റെ അർത്ഥം ദ്രഷ്ടാവും ദൃഷ്ടിയും തമ്മിന് സംബന്ധമുണ്ട് അങ്ങനെ അതിനെ പറഞ്ഞിട്ട് എന്താ പറയുന്ന ഇവിടെ അനുവാദം എന്ന് പറയുമ്പോൾ അതിനെ ബോധിപ്പിക്കുകയല്ല ചെയ്യുന്നത് അതിനെ അനുവാദം ചെയ്തുകൊണ്ട് ശ്രുതി പറയുന്ന എന്താണ് ദൃഷ്ടി നശിക്കുന്നില്ല അതാണ് ശ്രുതിയുടെ താല്പര്യം അവിനാശിത്വന്ന് പറയുന്നത് എന്തുകൊണ്ട് അങ്ങനെ സ്വീകരിക്കുന്നു കാരണം പ്രാപ്തമായ ഒരു കാര്യത്തെ അല്ല ശ്രുതി വിധിക്കുന്നത് അപ്രാപ്തമായത് അപ്രാപ്തി ഈ ശാസ്ത്രം ദൃഷ്ടിയുടെ നാശം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് നശിക്കുന്നില്ല എന്നുള്ള ആർക്കും അനുഭവപ്പെടുന്നില്ല അതുകൊണ്ട് അതാണ് ഇവിടെ പറയുന്നത് അപ്രാപ്തമായതിന് ശാസ്ത്രം നിർദ്ദേശിക്കുകയാണ് അത് മാത്രവുമല്ല ദൃഷ്ടുഹു ദൃഷ്ടി എന്ന് പറയുന്നിടത്ത് ്രഷ്ടാവായ ആത്മാവും ദൃഷ്ടിയും തമ്മിൽ ജ്ഞാനവും തമ്മിൽ സംബന്ധമുണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ അദ്വൈതശ്രുതിക്ക് വിരോധം വരും അദ്വൈതശ്രുതി പറയുന്നത് ആത്മാവ് ജ്ഞാനവും ഒന്നാണ് അതുകൊണ്ടും സംബന്ധാർത്ഥം സ്വീകരിക്കാൻ കഴിയത്തില്ല പിന്നെ എന്തിനങ്ങനെ പറഞ്ഞു അത് രാഹോശിര എന്ന് പറഞ്ഞതുപോലെ ഗൌണാർത്ഥത്തിൽ പറഞ്ഞിരിക്കുകയാണ് രാഹു തന്നെയാണ് ശിരസെങ്കിലും രാഹുവിന്റെ ശിരസ് എന്ന് പറയുന്ന പോലെ ദഷ്ടാവ് തന്നെയാണ് ദൃഷ്ടിയെങ്കിലും ദഷ്ടാവിന്റെ ദൃഷ്ടിയെന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോ അദ്വൈതശ്രുതി ഉണ്ട് സംബന്ധശ്രുതി ഉണ്ട് അപ്പോ സിദ്ധാന്തം പറയുന്നത് സംബന്ധശ്രുതിയെ വിട്ടിട്ട് അദ്വൈതശ്രുതിയെ എടുക്കണം എന്നുവെച്ചാൽ സംബന്ധത്തെ നിഷേധിച്ചിട്ട് രണ്ടും ഒന്നാണെന്നുള്ള അർത്ഥം എടുക്കണ ഒന്നാണ് രണ്ട് ശ്രുതി ആയതുകൊണ്ട് തിരിച്ചെന്തുകൊണ്ട് സ്വീകരിച്ചുടുക എന്നാണ് പൂർവക്ഷി ചോദിക്കുന്നത് സംബന്ധശ്രുതിയെ നിലനിർത്തുക അദ്വൈതശ്രുതിയെ ത്യജിക്കുക അത് രണ്ട് ശ്രുതിയാണ് അതാണ് എന്നുവെച്ചാൽ അനയോഹോ തുല്യബലത്തെയ വിപര്യ അനയോഹോ എന്ന് പറഞ്ഞാൽ തുല്യബല ശ്രുതി എന്നുള്ള നിലയ്ക്ക് തുല്യ ഇതെല്ലാം മീമാംസകളുടെ ന്യായമാണ് ഈ പറയുന്നതെല്ലാം അദ്വൈതി ഇവിടെ പറയുന്നുണ്ടെങ്കിലും ഇങ്ങനെ വന്നാണ് ശ്രുതികൾക്ക് തുല്യബലം വന്നാൽ എന്ത് ചെയ്യണം ഇത്തരം മുഴുവൻ വിഷയങ്ങളും മീമാംസയുടെ വിഷയമാണ് അദ്വൈതി സ്വയം ഇവിടെ ഒരു നിയമത്തെ പറയുകയല്ല അങ്ങനെ തുല്യബലം വന്നു കഴിഞ്ഞാൽ വിപരീ വിപരീത അർത്ഥം വരാം അതിന് പറയുന്നു തത്പരത്വ ത്വ വിശേഷ ഉപക്രമ ഉപസംഹാരാദി ഷിധ താത്പര്യ ലിംഗോപായോക ജീവിനി സംബന്ധിച്ചു കഥം കഥ ബാധ്യത എന്തുകൊണ്ട് ബാധിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ബാധ്യത ബാധിക്കുക തന്നെ ചെയ്യും ബാധ്യത ഏവ എന്തെന്തിനെ ബാധിക്കും അദ്വൈതശ്രുതി സംബന്ധശ്രുതിയെ ബാധിക്കും അദ്വൈതശ്രുതിയാണ് അതിന് ഒന്നാമത് പറയുന്നത് എന്താണ് തത്പരത്വ അതത്പരത്വ വിശേഷപത്തെ ഹേ ആദ്യം പറയുന്ന കാര്യം ഇതാണ് തത്പരത്വം അതത്പരത്വം എന്ന് പറയുന്ന വിശേഷമുള്ളതുകൊണ്ട് എന്ന് പറയുന്നു എന്താണ് തത്പരത്വവും എന്താണോ സംബന്ധിച്ച് തത്പരം എന്ന് പറയുന്നത് അദ്വൈത ശ്രുതിപ്പര്യാണ് സംബന്ധശ്രുതിയാണെങ്കിലോ അതത്പരമാണ് അതിൻ്റെ താല്പര്യം വാസ്തവ സംബന്ധമല്ലോ അദ്വൈതി ആന്തിഹാസിക സംബന്ധത്തെ സ്വീകരിക്കുന്നുണ്ട് വാസ്തവ സംബന്ധത്തെ സ്വീകരിക്കുന്നു എന്ന് വെച്ചാൽ ആത്മാവിൽ ജ്ഞാനം അനുഭവപ്പെടുന്നുണ്ടല്ലോ അഹം അനുഭവാമി അപ്പം അവിടെ എന്താ രണ്ടും തമ്മിലുള്ള സംബന്ധം ആന്തിഹാസിക സംബന്ധം കല്പിത സംബന്ധം വാസ്തവ സംബന്ധമില്ല ുതികളെടുക്കുമ്പോ അദ്വൈതശ്രുതി തത്പരവും ശ്രുതിയുടെ താത്പര്യം വാസ്തവ സംബന്ധമല്ല അദ്വൈതശ്രുതിയുടെ താത്പര്യം പരമാർത്ഥ അദ്വൈതമാണ് അങ്ങനെയുള്ള വിശേഷം രണ്ട് ശ്രുതികൾക്കും ഉള്ളത് കൊണ്ട് യുക്തമായിരിക്കുന്നതുകൊണ്ടാണ് തത്പര എന്തിനാ ഉള്ളത് ശുതിക്ക് എന്താണ് വിശേഷം എന്ന് പറയുന്ന വിശേഷം ഉപപത്മാ യുക്തമാകുന്നതിനാൽ പിന്നെ ബാക്കി പറയുന്നു ഉപക്രമ ഉപസംഹാരാദി ഷണ് താത്പര്യലിംഗോപേത ഉപക്രമ ഉപസംഹാരാദി ഷഡ്വിധ താത്പര്യം താത്പര്യ ലിംഗം ഷഡ്വിധ താത്പര്യ ലിംഗ യുക്തമായ അവിടെ ഷഡ്വിധ താത്പര്യ ലിംഗങ്ങളെന്ന് പറയുന്ന ഈ ഓരോ ശബ്ദങ്ങളെയാണ് ഏത് ആത്മാവ അരേ എത്ര അസ്യമഹതേഭ്യ ഇതം സർവം ഇതൊക്കെയാണ് ലിംഗങ്ങൾ ഇത് എന്താണ് താത്പര്യ ലിംഗങ്ങളാണ് ഷഡ്വിത താത്പര്യ ലിംഗം അദ്വൈത താത്പര്യത്തിന്റെ ഷഡ്വിത ലിംഗങ്ങളാണ് ഇത് ലിംഗോപേത അദ്വൈത ശ്രുതി അങ്ങനെയുള്ള അദ്വൈത ശ്രുതി അതിന് പറഞ്ഞു ബാത്മാവ അരേ എന്നുള്ള പോലെ തുടങ്ങുകയാണെങ്കിൽ എത്ര അസ്യ ഉപസംഹാരം വരെയുള്ള ഭാഗങ്ങൾ അത്രയും ഭാഗം അതിനകത്ത് വരുന്ന ശ്രുതി അത് രണ്ടാംധ്യായം മുതൽ നാലാം അധ്യായം അവസാനം വരെയുള്ളത് ചേർത്ത് വേണമെങ്കിലും എടുക്കാം പക്ഷേ രണ്ടാം അധ്യായത്തിലെയും നാലാം അധ്യായത്തിലേയും യാജ്ഞമെ മൈത്രി സംവാദത്തിലെ ഒരു ശ്രുതി ഒഴികെ ബാക്കിയാണ് കൂടെ പറഞ്ഞിരിക്കുന്നത് ബാക്കിയുള്ളതിനെ പരാമർശിക്കുന്നു അവിടെ ഞാൻ കഴിഞ്ഞ പറഞ്ഞു എല്ലാരും നോക്കിട്ട് വരാനില്ല എന്തെങ്കിലും ശരിയാവുമെന്ന് ആരെങ്കിലും നോക്കിയോ ആരും നോക്കിയിട്ടില്ല എങ്ങനെ ഇതം സർവം സലിൽ ഏകാന്നുള്ളതിൻ്റെ ഇടയ്ക്ക് കടന്നു വന്നു ആരും നോക്കിയിട്ടില്ല അത് നോക്കണം നോക്കി മനസ്സിലാക്കണം അപ്പൊ എന്തായാലും ഇവിടെ ഷഡ്വിധ താത്പര്യ ലിംഗോപേദ അദ്വൈതശ്രുതി കഥം ലോക പ്രഭാത ഉപജീവിനി സംബന്ധശ്രുതി ലോകപ്രഭാതം നാട്ടുപഴക്കം അനുസരിച്ചുള്ള ലോകർ പറയുന്നു ലോകർ അറിയുന്നു അറിവിനുസരിച്ച് പറയുന്നു അക്കാര്യത്തെ അനുവാദം ചെയ്യുന്ന ശ്രുതിയാണെന്ത് ലോകപ്രഭാത ഉപജീവിനി സംബന്ധശ്രുതി ലോകപ്രഭാതത്തെ ലോകർ പറയുന്നതിനെ ഉപജീവനം ചെയ്യുന്ന ആശ്രയിക്കുന്നതായ സംബന്ധശ്രുതി അതിനപ്പുറം ഒരു കാര്യമൊന്നുമില്ല കേവരം അത് ലോകരങ്ങനെ പറയുന്നു അതിനെ ശ്രുതി ഏറ്റുപറയുന്നു അനുവാദം എന്ന് പറഞ്ഞാൽ ഏറ്റുപറയും അത്രയോ അങ്ങനെയുള്ള ശ്രുതിയെ എന്താണ് അദ്വൈതശ്രുതി കഥംന ബാധ്യത അദ്വൈതശ്രുതി എങ്ങനെ ബാധിക്കാതിരിക്കും എന്ന് വെച്ചാൽ ബാധിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഇവിടെ വിപരീം വരുന്നില്ല മറിച്ചൊരർത്ഥം വരാൻ വഴിയില്ല അദ്വൈതശ്രുതി അനുസരിച്ച് അതിനുള്ള പല വ്യക്തികൾ പറഞ്ഞു ഒരു വ്യക്തിയല്ല പല വ്യക്തികളനുസരിച്ച് ഒന്നെന്താണ് അതിനനുവാദമായി സ്വീകരിക്കുക പിന്നെ ഉപാചാരമായി സ്വീകരിക്കുക പിന്നെ ഇവിടെ തത്പരത്വ തത്പരത്വ നിയമം അനുസരിച്ച് ഷഡ്വിധ ലിംഗങ്ങളുടെ താത്പര്യം നിർണ്ണയിക്കുക ഷഡ്വിധ ലിംഗങ്ങളിലൂടെ താൽപര്യത്തെ നിർണ്ണയിക്കുക എന്ന് പറയുന്ന മീമാംസക മര്യാദ അങ്ങനെ നോക്കാൻ അത് അദ്വൈത ശ്രുതിയാണോ അപ്പൊ ഇതെല്ലാം ഇവിടെ പറഞ്ഞത് ദ്രഷ്ടുഹു ദൃഷ്ടി എന്ന് പറയുന്ന ഇതിലെ ഷഷ്ടി ദ്രഷ്ടുഹു അതിനെ വ്യതികരണ സൃഷ്ടിയായി സ്വീകരിച്ചുകൊണ്ടാണ് ഗൗ എന്ന് പറയുന്നു ദേവദത്തോഹോ എന്ന് പറയുന്നു രണ്ട് ഷഷ്ടി വന്നു ഇതെന്ത് ഷഷ്ടിയാണ് ദേവദത്ത അത് വേറെ ഗോഹോ വേറെ രണ്ടൊന്നുമില്ല അഭേദമായി അന്വയിക്കാൻ പറ്റില്ല ദേവദത്തോഹോ ക്ഷീരം എന്ന് പറഞ്ഞാൽ ദേവദത്തന്റെ ക്ഷീരം ഒന്നും വരൂ ദേവദത്തന് വേറെ വ്യതികരണ സൃഷ്ടിയാണ് അഭേദമായി അന്വയിക്കാൻ പറ്റത്തില്ല വ്യതികരണ സൃഷ്ടിയായി അംഗീകരിച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞു ഇവിടെ ഷഷ്ടിക്ക് സംബന്ധാർത്ഥം മുഖ്യമായ സംബന്ധാർത്ഥം സ്വീകരിക്കാൻ കഴിയില്ല ഇനി അഭേദാർത്ഥത്തെ സ്വീകരിച്ചുകൊണ്ടിരുന്നു അതായത് സമാനാധികരണ്യ സൃഷ്ടിയെ ആശ്രയിച്ചുകൊണ്ട് സമാനം പറയും കാരണം രണ്ട് ഭിന്നമായ വസ്തുക്കളിലാണ് സംബന്ധം വരുന്നത് അപ്പൊ പൂർവപക്ഷിക്ക് ഇഷ്ടം എന്ത് ഷഷ്ടി സ്വീകരിക്കാനാണ് തിരികരണഷ്ടി അപ്പൊ രണ്ടും വേറെ വേറെയാണ് രണ്ടും തമ്മിൽ സംബന്ധമുണ്ട് അതിന് സമാനം പറഞ്ഞു കഴിഞ്ഞു ഇനി സമാനാധികാരണയ ഷ്ടി സ്വീകരിച്ചു കഴിഞ്ഞാലും അദ്വൈതത്തിൽ എന്താണ് സംബന്ധാർത്ഥം കിട്ടത്തില്ല അത് ഗൗണപ്രയോഗം അത് വേറെ രാഹു ശിരെന്നു പറയുന്നത് ഗൗണപ്രയോഗം ഈ ഇവിടെ ചർച്ച ചെയ്യുന്ന മുഖ്യപ്രയോഗത്തിൽ എന്താണ് വ്യതികരണ സൃഷ്ടിയാണ് അതോ സമാനാധികിയാണ് മുഖ്യപ്രയോഗമായി അംഗീകരിച്ചുകൊണ്ടുള്ള ചർച്ചയാണ് മറ്റിടത്ത് എന്താണ് അത് വേറെ അത് ഗൗണപ്രയോഗമാണ് എന്നുവെച്ചാൽ ആ പ്രയോഗം തന്നെ ശരിയല്ല രാവശ്ശിലാന്ന് പ്രയോഗിക്കാൻ പാടില്ല എന്നാലും പ്രയോഗിച്ചിരിക്കുന്നു അതുകൊണ്ടത് അവിടെ ഒരു ഗൗണപ്രയോഗമാണെന്ന് വെച്ചാൽ അവിടെ മുഖ്യാർത്ഥമില്ല മുഖ്യമായ സംബന്ധാർത്ഥമേ അവിടെ ഇല്ല കൃത്യമായ സമ്മർദ്ദം ഇല്ലാത്തപ്പോ പിന്നെ അത് വ്യതികരണമാണോ സമാനാധികമാണോ ചിന്തിക്കേണ്ട കാര്യം ഇണ്ട എവിടെയാണോ സംബന്ധമുള്ളത് അവിടെയാണ് ചിന്തിക്കുന്നത് അത് സമാനാധികമാണോ വൈയധികമാണോ എന്നുള്ള കാര്യം അങ്ങനെ ാണ് സമാനാധികം ഗന്ധുന്ന് പറഞ്ഞ ഏതിൻ്റെ രൂപം പ്രാതിപതി ദേവദത്തൻ തന്നെയാണ് ഗമിക്കുന്നവൻ കർത്തരി ത്രിച്ചാണ് ദേവദത്തം തന്നെയാണ് അപ്പൊ ഗന്ധു ദേവദത്തായ ദേവദത്ത എന്ന് പറയുന്നത് ഗ്രാമ അപ്പൊ അത് അഭേദമായി അന്വേഷിക്കുകയാണ് ഗന്ധാവ് തന്നെ അല്ലാതെ ദേവദത്ത ഗന്ധാവ്ന്നല്ല പിന്നെ അവൻറെന്നല്ല ഒരു ദേവദത്തനുണ്ട് അവൻ മറ്റൊരു ഗന്ധാവ് ഉണ്ട് ആ അവന്റെ കാര്യം പറയല പിന്നെയോ അങ്ങനെ അന്വയിക്കുകയാണെങ്കിൽ ദേവദത്തൻ മറ്റൊരു ഗന്ധാവ് എന്ന അന്വയിച്ചാൽ എന്താവും ദേവദത്തൻ തന്നെ ഗന്ധാവെന്ന് എന്ന് വെച്ചാൽ അഭേദാർത്ഥം സമാനാധിക പ്രത്യേകത എന്താണോ സമാനം അധികരണം എന്ന് പറഞ്ഞാൽ വാക്യം വാച്യം തുല്യമാണ് രണ്ട് ശബ്ദത്തിൽ സമാനം അധികരണം വ്യതികരണം എന്ന് വെച്ച വിരുദ്ധം വാച്യം ദേവദത്തോ എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ എടുക്കാം എന്താണ് ദൃഷ്ടേഹ എന്ന് പറയുന്നത് അഭേദമായിട്ടെടുക്കുക ദൃഷ്ടാവായ ദൃഷ്ടിയുടെ ദൃഷ്ടാവ് തന്നെയായി എന്ത് ദൃഷ്ടി അങ്ങനെ എടുക്കുന്നതാണ് അദ്വൈതത്തിൽ ദോഷമുണ്ട് എന്തുകൊണ്ട് ദ്രഷ്ടാവും ദൃഷ്ടിയും ഒന്നാണ് അഭേദമായി അർത്ഥം വന്നു ദ്രഷ്ടാവായ ദൃഷ്ടി എന്തുകൊണ്ട് അദ്വുദിക്കാതെ പറയാം ദ്രഷ്ടാവ് ജ്ഞാനസ്വരൂപമാണ് അതുകൊണ്ട് ദ്രഷ്ടാവായ ദൃഷ്ടി എന്ന് പറയാം അങ്ങനെ എടുക്കാം അതാണ് ദേവദശിവ ദ്രഷ്ടേ അതിനെ പറയുന്നു ദ്രഷ്ടൂപായ ദൃഷ്ടേ ദ്രഷ്ട സ്വരൂപമായ ദൃഷ്ടി ദൃഷ്ടി ദ്രഷ്ടാവിന്റെ സ്വരൂപം തന്നെ നടക്കും അതാണ് അതിന്റെ അർത്ഥം അഭേദമായ അർത്ഥം കൊടുത്തുകഴിഞ്ഞാൽ എന്തുവരും ദ്രഷ്ടാവിന്റെ സ്വരൂപമായ ദൃഷ്ടി എന്തെച്ചാൽ ദൃഷ്ടാവ് തന്നെയാണ് ദൃഷ്ടി അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ദൃഷ്ടി ലക്ഷണോ വഷ്ടഭേദമായില്ലേ രണ്ടും അഭേദമായി കഴിഞ്ഞാൽ നമുക്ക് പറയാം ദ്രഷ്ടാവ് തന്നെയാണ് ദൃഷ്ടി തിരിച്ചും പറയാം ദൃഷ്ടി തന്നെയാണ് ദ്രഷ്ടാവ് ആത്മാവ് തന്നെയാണ് ജ്ഞാനം ജ്ഞാനം തന്നെയാണ് പരമാത്മാവ് അങ്ങനെ രണ്ടാമെന്ന് പറയുന്നത് എന്താണ് ദൃഷ്ടി ലക്ഷണവായോ ദിഷ്ട ദൃഷ്ടി സ്വരൂപമായിരിക്കുന്ന ദൃഷ്ടാവ് നേരത്തെ പറഞ്ഞ തമ്മിൽ എന്താ വ്യത്യാസം എന്താ വ്യത്യാസം നമ്മുടെ അനുഭവത്തില് വ്യത്യാസം പറഞ്ഞാ വ്യത്യാസം അവിടെ ആദ്യം പറഞ്ഞത് ദ്രഷ്ടാവ് തന്നെയാണ് ദൃഷ്ടി രണ്ടാമത് പറഞ്ഞത് ദൃഷ്ടി തന്നെയാണ് ദ്രഷ്ടാവ് ഇതേ ഉള്ളൂ വ്യത്യാസം ഘടം തന്നെയാണ് കലശം കലശം തന്നെയാണ് ഘടം രണ്ടൊന്നായ രണ്ടു രീതിയിലും പറയാം ഭേദാർത്ഥം കിട്ടണം അതാണ് ദൃഷ്ടി ലക്ഷണോ വായോ ദൃഷ്ടിയുണ്ടല്ലോ അവിടെ ദ്രഷ്ട ദൃഷ്ടേഹേ ഷ്ടി ഒന്നെ ആ ദൃഷ്ടിക്ക് അല്ലെങ്കിൽ ആ ദൃഷ്ടാവിന് വിവരലോകോ നാശം ഇല്ല എന്തുകൊണ്ടത് അവിനാശിയാണ് ഇവിടെ രണ്ടു ഒന്നായി അവിനാശിയുമാണ് സമാനാധികാരണ്യ ഷ്ടി എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല വയ്യധികാരണ്യ ഷ്ടി എടുത്താൽ ഞങ്ങൾക്ക് ദോഷമൊന്നുമില്ല ഏ അത് നേരത്തെ പറഞ്ഞതും ഇതും മെള്ള വ്യത്യാസം നേരത്തെ എന്ത് പറഞ്ഞു ദൃഷ്ടരൂപായാ ഹേ ദൃഷ്ടേ ഹെ അഥവാ ദുഷ്ടലക്ഷണോ യോ ദുഷ്ട രണ്ട് അർത്ഥം പറഞ്ഞതുകൊണ്ട് അഥവാ എന്ന് പറഞ്ഞിരിക്കുന്നു വിപരലോകവും നാസ്തി അവിനാശമാണ് അവിനാശിത്വം അത് ഇതിനെ സംബന്ധിച്ച് അതായതിവിടെ ഇപ്പോൾ പ്രശ്നം വന്നത് ഈ ചർച്ചയിലേക്ക് പോകാനെന്താ കാരണം ആശ്രയാസിദ്ധി എന്ന് പറയുന്നത് ദോഷം പറഞ്ഞു അനുമാനത്തിൽ അങ്ങനെ പറഞ്ഞു പക്ഷം അസിദ്ധമാണ് പക്ഷം എന്തായിരുന്നു ജ്ഞാനവും ആത്മാവും തമ്മിലുള്ള സംബന്ധം അസിദ്ധമാണ് അല്പപൂർവക്ഷി ചാടി പറഞ്ഞു ആശ്രയാസദ്യ ജ്ഞാനവും ആത്മാവും തമ്മിലുള്ള സംബന്ധം ശ്രുതി എന്നെ പറഞ്ഞിരിക്കുന്നു ആവശ്യമില്ലാതെ ശ്രുതിയിലേക്ക് പോയതാരാ പൂർവപക്ഷി തന്നെ പോയത് അദ്വൈതി അല്ല പോയത് സാറിന് പറയും എന്താണ് അദ്വൈതിക്ക് ഉത്തരം മുട്ടുമ്പോ ശ്രുതി പോ അദ്വൈതി എന്തു ചെയ്തു പൂർവക്ഷിയെ ശ്രുതിയിലേക്ക് നടത്തിച്ചു ശ്രുതിയിലേക്ക് നടത്തിച്ചിരി എന്തിനാണ് അവന്റെ കാല് വെട്ടാൻ വേണ്ടിയിട്ട് സ്നേഹം കൊണ്ടല്ല നടത്തി ഇതറിയാതെ പൂർവക്ഷിന്നേരെ ശ്രുതിയിലേക്ക് നടന്നു ഇപ്പൊ വെട്ടുകയാണ് ഇനി നടക്കാൻ വയ്യാത്ത രീതിയിലാക്കുകയാണ് വികലാംഗനാക്കുന്ന പണിയാണ് ഇപ്പൊ പദ്ധതി ഇത്രയും ക്രൂരനാണോ ചിലപ്പോ ചിന്തിക്കും ഇത് വാദപ്രതിവാദം അതിങ്ങനെയൊക്കെയാണ് എന്നാലും കുഴിയിൽ ചാടിക്കാമോ എന്ന് ചിന്തിക്കും ഇതൊരു കുഴി ചാടിക്കല്ലേ പൂർവക്ഷിയെ കൊണ്ട് ശ്രുതിയെ വ്യാഖ്യാനിപ്പിച്ചു ന്നേ എന്നിട്ടല്ലേ എന്നും അതിനെ ഖണ്ഡിക്കുന്നു എന്നുവെച്ചാൽ ഇത് വാദത്തിൻ്റെ ശൈലി ഇതാണ് പൂർവക്ഷി പറയണം എല്ലാവരാളായതുകൊണ്ട് നടക്കും പൂർവക്ഷിയും അദ്വീതിയും വേറെ വേറെ ആണെങ്കിൽ പൂർവ്വക്ഷി ചാടി വീഴും രണ്ടും ഒരാളായതുകൊണ്ട് ഈ പണികളല്ല നിറയുന്നത് സമാനാധിക ഷ്ടിയോഹോ സംബന്ധ സംഭവേ സമാനാധികാരണ്യമായി ഷഷ്ടി ഷഷ്ടികളുടെ സംബന്ധം സംഭവിക്കാം എന്നുവെച്ചാൽ സമാനാധികമായി ഷഷ്ടിയോഹോ സംബന്ധം എന്നുവെച്ചാൽ ഷഷ്ടിയുടെ അന്വയം ഇവിടെ സംബന്ധം എന്ന് പറയുന്നത് എന്താണ് അന്വയം സമാനാധികമായി ഷഷ്ടിയുടെ സംബന്ധം അന്വയം സംഭവിക്കാം എന്നിരിക്കെ വൈയധികരണ്യസ് കൽപ്പനായോഗങ്ങളുടെ ഈ വ്യതികരണ സൃഷ്ടി എന്നുള്ള നിങ്ങളുടെ വ്യാഖ്യാനം തന്നെ ശരിയല്ല എന്നുവെച്ചാൽ അദ്വൈതത്തിൽ സംഗതി ശരിയായി എന്നർത്ഥം അപ്പോ താർക്കം ചോദിക്കുകയാണ് ഇത് നിങ്ങളാണോ തീരുമാനിക്കുന്നത് ഞങ്ങളും വ്യാകരണം പഠിച്ചിട്ടുണ്ട് എന്താണ് ഞങ്ങൾ പറയുന്നു ഇത് വ്യതികരണ സൃഷ്ടിയാണ് തറക്കിട നിങ്ങൾ പറയുന്നത് സാമാനാധികരണ സൃഷ്ടിയാണ് നിങ്ങൾ സാമാനാധികരണഷ്ടി എന്ന് അംഗീകരിച്ചോണ്ട് സമാധാനം പറഞ്ഞ് ജയിച്ചു എന്ന് കരുതണ്ട അങ്ങനെ നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ ഇതിനെ വ്യതികരണ സൃഷ്ടിയായി അംഗീകരിച്ചുകൊണ്ട് വ്യാഖ്യാനിച്ച് ജയിക്കണം എന്നുവച്ചാ നിങ്ങളുടെ സിദ്ധാന്തത്തെ ഉറപ്പ് നടക്കുമോ അദ്വൈതയുടെ അടുത്താണോ കളി അദ്ദേഹം ശരി എന്നാ അങ്ങനെ വ്യാഖ്യാനിച്ചു തരാം എങ്ങനെ വ്യതികരണ സൃഷ്ടിയായിട്ടും വ്യാഖ്യാനിച്ച് അദ്വൈതം സമ്മർദ്ദിച്ച് തരാം അപ്പൊ ഇപ്പൊ ഏതൊക്കെ വ്യാഖ്യാനങ്ങളായി ഏ ആദ്യ സംബന്ധം അനുവാദം എന്ന് പറഞ്ഞു പിന്നെ ഗുണമെന്ന് പറഞ്ഞു പിന്നെ സാമാനാധികരണമായെടുത്തും ഇനി വ്യതികരണാർത്ഥമെടുത്തിട്ടും അദ്വൈതം എന്താ എവിടെ പോയാലും ശരി അദ്വൈതീ പൂച്ചയെ പോലെ മേലോട്ടിട്ടാ താഴ്വന്ന് വീഴുന്നത് നാല് കാലിലായി എങ്ങനെ പോയാലും വ്യാഖ്യാനിച്ച അദ്വൈതത്തെത്തീ എല്ലാ രീതിയിലും വ്യാഖ്യാനിച്ച് അദ്വൈതത്തെത്താൻ ദ്വൈതക്ക് പ്രയാസമാണ് എല്ലാം കൂടെ സ്വീകരിച്ചു ഏത് രീതി വ്യാഖ്യാനിച്ചാലും അദ്വൈതത്തെ അതെന്തുകൊണ്ടാണ് അദ്വീതി ഇത് സംബന്ധം സത്യമാണെന്ന് പറഞ്ഞാൽ പറയും അത് വ്യാവഹാരികമായ സത്യമാണ് സത്യം അല്ലെന്ന് പറഞ്ഞാൽ അത് കാൽപ്പനികമായ സത്യം ഇങ്ങനെ പല സത്യങ്ങളുള്ളത് കൊണ്ട് എങ്ങനെയാണ് വ്യാഖ്യാനിക്കാം അതല്ലേ ഭാഷയകാരൻ മുമ്പിൽ ആൾക്കാർ അത് അമ്പരം നയിക്കുന്നു ഇത് എന്താ പറയുന്നത് ബാക്കിയുള്ളൊരു മായാവാദി എന്ന് വിളിക്കുന്നു ഇയാളൊരു മായയാണ് എന്തു പറഞ്ഞാലും അതിന് മറുപടി പറയും എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആള് തന്നെ ഒരു മായാവിയാണ് ഇന്ദ്രജാലമാണ് കാണിക്കുന്നത് വാക്കുകൾ ഇന്ദ്രജാലം കാണിക്കുന്ന അതിൻ്റെ പരമ്പരയാണത് അതാണ് അടുത്ത് പറയുന്നത് ഇനി മറച്ച് ന ദൃഷ്ടേ ദ്രഷ്ടം പശ്യ ഇയാദോ ഇവ വൈയതികരണ്േ അപ്പം അന്ധകർണപരിണാമൂപൃഷ്ടേ യോ ദൃഷ്ടേതിന്ധകർണ സാക്ഷിഭൂതൃഷ്ടി തപരിലോകോ നദ്വൈതൃത്യുഗുണേ സംഭവത്തിനൽപ്പീമാന്തോ മീമാംസ വിചാരം എന്താണെന്ന് യാതൊരു ബോധ്യവുമില്ലാത്ത മൂഢന്മാരായ നിങ്ങൾക്ക് ഈ വിവരക്കിടന്ന് പറയുന്ന അങ്ങേറ്റം ഭൂഷണമാണ് അത് പറഞ്ഞുകൊണ്ടിരുന്നോ ഞാൻ പറയുന്നു എന്നുവെച്ചാൽ എങ്ങനെ വ്യാഖ്യാനിച്ചാലും അദ്വൈതത്ത് തന്നെ എത്തിച്ചേരും അതും മൂർഖതയെ ഭൂഷണമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അനന്ത മറുപടി പറയണം വിവരക്കേടാ പറയുന്നതാണ് ചെറുപ്പം എന്നുണ്ടല്ലോ ബുരധാരണത്തിൽ തന്നെ അവിടെ എന്താണ് വ്യതികരണ സൃഷ്ടിയാണ് ദ്രഷ്ടാവ് ദൃഷ്ടാവിനെ ആരും കാണുന്നില്ല കണ്ണിന്റെ കണ്ണിനെ ആരും കാണുന്നില്ല എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു അവിടെ കണ്ണിന്റെ കണ്ണിനെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് സൃഷ്ടിയാണ് വ്യതികരണ സൃഷ്ടിയ അവിടെ അദ്വൈതിയും വ്യതികരണ സൃഷ്ടി അംഗീകരിക്കുന്നുണ്ട് അതുപോലെ ഇത്യാദിവ ഇവിടെ എങ്ങനെയാണോ ഞങ്ങൾ അംഗീകരിച്ചതുപോലെ കഴിഞ്ഞാൽ വ്യധികരണ ശബ്ദത്തിൽ നിന്ന് ഷണ്യപ്രത്യം വന്നു കഴിഞ്ഞാൽ ഐകാരം ആഗമം വരുന്നു എങ്ങനെയാണ് പഠിച്ചാണ് പല സ്ഥലത്തും വരുന്നതാണ് അതുകൊണ്ടത് അറിഞ്ഞിരിക്കണം എന്നിടത്ത് എന്തു വൈയു യക്കാരപകാരങ്ങൾക്ക് പൂർവ്വത്തിൽ എന്തുവരും ഐ വരും ആഗവും വരും അത് ആഗവുമാണ് അപ്പോ ദൃഷ്ടേ ദ്രഷ്ടം പശ്യേ ഇത്യാദോ ഇവയധിക അർത്ഥം എടുക്കാം സംബന്ധം എടുക്കാം വ്യതികരണ സൃഷ്ടി എടുത്തിട്ട് സംബന്ധാർത്ഥത്തെടുക്കാം എങ്ങനെ അന്ധകർണപരിണാമരൂപായ ദൃഷ്ടേ ദൃഷ്ടി ജ്ഞാനം അന്ധകർണപരിണാമമാണ് അദ്വൈതിയെ സംബന്ധിച്ച് എന്താണോ അന്ധക്കരണ ഭരണാനൂപമാണ് വൃത്തിജ്ഞാനം അതാണ് ദൃഷ്ടി അതിന്റെ ദുഷ്ടാവ് അന്ധക്കറിന് വൃത്തിയുടെ ദൃഷ്ടാവ് ആരാണോ സാക്ഷി അദ്വൈതയ്ക്ക് എന്താ കൊഴപ്പം സൃഷ്ടിയെടുത്ത വൃത്തിജ്ഞാനത്തിന്റെ ദൃഷ്ടാവായി സാക്ഷി അങ്ങനെ എടുത്താലും അല്ല ഇനി അതുമല്ല തിരിച്ച് എന്താണ് ഇതിവാ പരിണാമിനോ അന്ധക്കണ്ണസ്യ ദ്രഷ്ടുഹു സാക്ഷിഭൂതൃ ഇവിടെ ദ്രഷ്ടാവ് തിരിച്ചു പറയണം ദ്രഷ്ടുഹു ദൃഷ്ടി അങ്ങനെയെടുക്കാം ആദ്യത്തെ എങ്ങനെയായി ദൃഷ്ടേഹേ െടുത്തു എന്നു വെച്ച ദൃഷ്ടയെ തിൻപ്രത്യാന്തം ജ്ഞാനം അതിന്റെ ദൃഷ്ടെടുത്തു തൃജ് പ്രത്യാന്തം തിൻപ്രത്യാന്തത്തെ ഷഷ്ടിയായിട്ടും ത്രിജാന്തത്തിന് പ്രഥമയായിട്ട് കൊടുത്തു ഇവിടെ എന്ത് ചെയ്യുന്നു തൃച്ചിനെ ഷഷ്ടിയായിട്ടും തിന്നിന് പ്രഥമയായിട്ട് കൊടുക്കും മനസിലായോ അപ്പൊ ഇവിടെ എന്ത് പറയുന്നു ഇവിടെ പെരുണാമിനോ അന്ധക്കരണസ് ഇവിടെ അന്ധകർണത്തെ എന്തായു ദ്രഷ്ടാവായിട്ടെടുത്തു അന്ധക്കരണം തന്നെ എന്താണ് ഒരു ദൃഷ്ടാവാണ് അപ്പൊ അതിന്റെ അധി എന്ന് പറയുന്നത് എന്താണ് സാക്ഷിഭൂതയാ ദൃഷ്ടി അവന്റെ അധൃിയാണെന്താ സാക്ഷി എന്തുകൊണ്ട് അന്ധകർണം ചൈതന്യവത്തായിത്തീരുന്നത് സാക്ഷിജ്ഞാനം കൊണ്ടാണ് അതുകൊണ്ട് അന്ധകരണമാകുന്ന ദ്രഷ്ടാവിന്റെ സാക്ഷിയായി ഇവിടെ എന്ത് കാരണം സാക്ഷിയിലെ സ്വരൂപമായിരിക്കുന്ന ജ്ഞാനമാണ് അന്ധകരണത്തിൽ നമ്മൾ സാധാരണ പറയുന്നത് അതിന് ചൈതന്യം പകർന്നു കൊടുക്കുന്ന അതാണ് അതിന്റെ ജീവൻ എന്നൊക്കെ പറയുന്ന പോലെ അതാണ് അതിന്റെ ചൈതന്യം അല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ പറയാം അയോഗോലോകത്തിലെ അഗ്നി എന്ന് പറയുന്ന എന്താണ് ഏത് അഗ്നിയാണോ അഗ്നിയെ പകർന്നു കൊടുത്തത് അതിന്റെ അഗ്നിയാണത് എന്നെല്ലാം പറയുന്നു പന്തക്കരണത്തിന്റെ സാക്ഷിയായിട്ട് എന്തായി ദൃഷ്ടി ആ ദൃഷ്ടിക്ക് തസ്യ വിപരിലോകം നാസ്തി അതിന് നാശം സംഭവിക്കുന്നില്ല ഏതായാലും കണക്ക് ആദ്യം പറഞ്ഞ അനുസരിക്കാണെങ്കിൽ എന്താണ് ദൃഷ്ടാവിന് നാശം സംഭവിക്കുന്നില്ല എന്ന് വെച്ചാൽ സാക്ഷിക്ക് നാശം സംഭവിക്കുന്നില്ല രണ്ടാമത് പറയുന്ന അനുസരിച്ചാണെങ്കിലോ ദൃഷ്ടിക്ക് നാശം സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സാക്ഷിക്ക് നാശം സംഭവിക്കുന്നില്ല അതിന് വ്യത്യാസമുള്ളൂ ഉള്ള ഉള്ളൂ ആദ്യം അന്ധകരണ വൃത്തിയേയും അന്ധക്കരണവൃത്തിയേയും സാക്ഷിയും അപ്പൊ അവിടെ പറഞ്ഞു സാക്ഷിക്ക് നാശം സംഭവിക്കുന്ന രണ്ടാമതെന്ത് ചെയ്തു അന്ധക്കരണത്തെയും സാക്ഷിയെടുത്തു അവിടെയും പറഞ്ഞെന്താണ് സാക്ഷിക്ക് നാശം സംഭവിക്കുന്നില്ല രണ്ടടുത്ത് നാശം എന്തിനും സംഭവിക്കുന്നില്ല സാക്ഷിക്ക് വ്യത്യാസം മനസ്സിലായി ഒരിടത്ത് അന്ധക്കരണവൃത്തിയേയും സാക്ഷിയെടുത്ത എന്തിനു പറഞ്ഞു സാക്ഷിക്ക് നാശം സംഭവിക്കും രണ്ടാമത് പറഞ്ഞു അന്ധകരണവും സാക്ഷി സാക്ഷിക്കുന്നാശം സംഭവിക്കുന്നില്ല അപ്പോ ദ്രഷ്ടുഹു ദൃഷ്ടിന്നോ ദൃഷ്ടേഹേ ദ്രഷ്ടോ രണ്ട് രീതിയിൽ കൊടുക്കാം ത്രിചന്ധത്തിന് സൃഷ്ടിയാക്കി തിന്നന്തത്തിന് പ്രഥമയാക്കുക അല്ലെങ്കിൽ തിന്നന്തത്തിന് സൃഷ്ടിയാക്കി ത്രിജന്തത്തിന് പ്രഥമയാക്കുക രണ്ടിടത്തും നാശം വരാത്തേതിനായിരിക്കും സാക്ഷിക്കുക ദൃഷ്ടിയുടെ ദൃഷ്ടാവ് അന്ധക്കരണ പരിണാമമായെന്ത് ദൃഷ്ടി അതിന്റെ സാക്ഷി സാക്ഷിക്ക് നാശം വരുന്നില്ല ദൃഷ്ടിക്ക് നാശം വരുന്നില്ല എന്നല്ല പറഞ്ഞത് അന്ധകരണ വൃത്തിയുടെ സാക്ഷിയെടുത്താലും അന്ധകരണത്തിന്റെ സാക്ഷിയെടുത്താലും നാശം എന്തിനു വരുന്നില്ല സാക്ഷിക്ക് ഇവിടെ അന്ധകരണത്തെയോ ദൃഷ്ടിയെയോ അല്ല സാക്ഷിയാക്കിയത് മനസ്സി അന്ധകർണവൃത്തിയുടെ സാക്ഷിയെയും അന്ധകരണത്തിന്റെ സാക്ഷിയെടുത്തി അന്ധകർണവൃത്തിയുടെ സാക്ഷിയെടുക്കാൻ വേണ്ടി ദൃഷ്ടി എന്ന് പറയുന്നതിന് അന്ധകരണവൃത്തി നടത്തി അതിന്റെ സാക്ഷി എന്ന് സാക്ഷിയാണ് സാക്ഷി രണ്ടാമത് അന്ധകർണത്തെ എടുത്തു എന്താ എന്തായിട്ടെടുത്തതോ ദ്രഷ്ടാവായിട്ട് എടുത്തു അന്ധകർണമാണ് മനസ്സാണ് എല്ലാം അറിയുന്നത് അല്ലേ എന്നാ മനസ്സല്ലേ അപ്പൊ മനസ്സ് ദൃഷ്ടാവായി അതിനൊരു ദൃഷ്ടിയുണ്ട് അതായത് വൃത്തിജ്ഞാനം അതിന്റെ സാക്ഷിയും അന്ധകരണവും തന്നെ ദൃഷ്ടാവായിട്ട് എടുത്തു എന്തുകൊണ്ടെടുത്തു മനസ്സിലാണ് അറിവ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ദൃഷ്ടാവും അതിന് പക്ഷേ ഒരു ദൃഷ്ടിയുണ്ട് അല്ലെങ്കിൽ പറയുന്നില്ല കണ്ണിന്റെ കണ്ണെന്ന് പറയുന്നില്ലേ അതുപോലെ പക്ഷെ ഇവിടെ എപ്പോഴും നശിക്കുന്നില്ല എന്ന് പറയുന്ന സാക്ഷി ആണ് ഇതുവഷ്ടവ് സാക്ഷിഭൂതായ ദൃഷ്ടി സിപരിലോഭാസ്തീരിവ രണ്ടു തരത്തിലായാലും അദ്വൈതശ്രു അനുഗുണേ സംബന്ധേ സംഭവേ അദ്വൈത ശ്രുതിക്ക് അനുഗുണമായ സംബന്ധം സംഭവിക്കാമെന്നിരിക്കെ ഇതാണ് സിദ്ധാന്തം താർക്കികന്മാർ പറയുന്ന എന്താണ് ഗുണഗുണിഭാവേന സംബന്ധകൽപ്പന ദ്രവ്യമായിരിക്കുന്ന ആത്മാവ് ഗുണി സമവായ സംബന്ധത്തിലുണ്ടാകുന്ന ജ്ഞാനം ഗുണം ഇതാണ് ഗുണിഗുണി ഗുണഗുണിഭാവകൽപ്പന ആരുടെ ഈ ഗുണഗുണിഭാവേനെ സംബന്ധ കല്പന അപ്പൊ ഞങ്ങൾക്ക് സംബന്ധം ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് വൈദ്യീർണ്ണ ഷഷ്ടിയെടുത്തിട്ട് സംബന്ധത്തെ സ്വീകരിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ സമവായ സംബന്ധമല്ല നിങ്ങളുടെ സംബന്ധം എന്ന് പറയുന്നത് ചവിറ്റുകൊട്ടിക്കളയേണ്ട സാധനമാണ് എന്നാണ് അടുത്ത് പറയുന്നത് എന്താണ് അവിദ്യത മീമാംസ വൃത്താന്ത പരം ചുപതേ അവിദ്യത മീമാംസ വൃത്താന്ത ഈ മീമാംസയെ കുറിച്ച് ഒരു ചുക്കും അറിയത്തില്ല അറിയാത്തവർക്ക് പരം ചുമതേ വളരെ ശ്രേഷ്ഠമാണ് കൊണ്ടു നടന്നു ദ്വൈതവും കൊണ്ട് നടന്നു ദ്രവ്യമായ ആത്മാവിനെയും ഗുണമായ ജ്ഞാനത്തെ കൊണ്ട് എന്നാണ് പറയുന്നത്